രീതി അനുസരിച്ച് കാര്യങ്ങൾ പറയുന്ന ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് അധ എന്നുവെച്ച അനന്തരം എന്തിനു സാധനചമ്പത്തി അനന്തരം ഭക്ഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു സ്ഥാനേഷ്ഠ സമ്പത്തി എന്താണ് അല്ലാതെ വരെ എന്താണ് നിത്യാനിത്യ വസ്തുവേക നിത്യവും അനിത്യവും എന്താണെന്ന് വേർതിച്ചറിയുക അപ്പോ ആത്മാവ് നിത്യമാണ് കർമ്മഫലം ആനിത്യമാണ് അതാണ് പറയുന്നു ഭാമികാരൻ ഇവിടെ നിത്യാനിത്യ വസ്തു വേഗത്തിന് പറയുന്ന പ്രസംഖ്യാനം എന്നാണ് സംസാരം അനിത്യമാണ് ആത്മാവ് നിത്യമാണെന്നുള്ളത് അതിനെ പ്രസംഖ്യാനോ എന്നാണ് പറയുന്നത് ഭാവതികാരം പറയുന്നതിന് ചില പ്രശ്നമുണ്ട് നേരത്തെ ഭാവതികാരൻ തന്നെ ചോദിച്ചു ആത്മാവ് നിത്യമാണ് സംസാരം അനിത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞല്ലോ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തിനാണ് ബ്രഹ്മ ജിജ്ഞാസ കുറിച്ച് അറിഞ്ഞവന്ന് പിന്നെ ആത്മാവിനെ അറിയുന്ന ജിജ്ഞാസയുടെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഭാവതികാരൻ ചോദിച്ചു നിത്യ നിത്യവസ്തുവേദത്തെ വളച്ചു തിരിച്ചൊക്കെ വ്യാഖ്യാനിച്ചു ഭഗവത്കാലം പറയുന്നതിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രസംഖ്യാനെ പ്രകൃതിപുരുഷ വിവേകത്തിലും താല്പര്യമില്ലാത്തവൻ അതിലും വിരക്തി വന്നവന് പിന്നീട് അസംപ്രജ്ഞാത സമാധി ഇതാണ് യോഗി പറയുന്നത് ആ യോഗിയുടെ ശൈലി അനുസരിച്ചാണ് ഭാവതികാരന്റെ പ്രശ്നം ഇതാണ് ഭാവതികാരം എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്വൈതത്തെ യോഗത്തോട് ചേർക്കുന്നു അദ്വൈത ജ്ഞാനത്തെ യോഗത്തോട് ബന്ധിപ്പിക്കുന്നതാണ് അവിടെ പ്രശ്നം ഭാവതികാരം ഇങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവരും അദ്വൈതവും യോഗവും കൂടെ കൂട്ടിച്ചേർത്ത് വിവരണകാരന് ശേഷമാണ് ഭാവതി ഭാഷകാരനൊഴികെ ബാക്കി എല്ലാവരും സമാധി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആദ്യത്തെ വ്യാഖ്യാനം കിട്ടുന്ന വ്യാഖ്യാനം അതാണ് പ്രാചീന വ്യാഖ്യാനം ാലം പറ ഭാക്ഷ്യകാലം പറയുമ്പോ നിത്യാനിത്യവസ്ഥ പിന്നെ നിത്യമേതാണ് അനിത്യം ഏതാണെന്ന് അറിഞ്ഞ് നിത്യമാത്മാണോ നിത്യം കർമ്മഫലങ്ങളാണ് അപ്പോൾ അമുത്രാർത്ഥ ഫലപോക വിരാകം അപ്പം കർമ്മഫലങ്ങളിൽ വിരക്തി ഉണ്ടാവും നേരെ അതുകൊണ്ട് യോജിച്ച് അപ്പോ നിത്യവേദ അനിത്യവേദക്തി ഉണ്ടാവുന്നു രാഗമില്ലായ്മൂത്ര ഫലഭോ കർമ്മഫലങ്ങളിൽ ആഗ്രഹമില്ലാതെ പിന്നെ ശമദമാതി സാധന സമ്പത്തി ശമദമാദികളെല്ലാം ഉണ്ടാവും അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആ വിവേകം എന്താണ് നിത്യം ആത്മാവ് നിത്യവും കർമ്മഫലങ്ങൾ അനിത്യം എന്നറിയുക അറിഞ്ഞുകഴിഞ്ഞ പിന്നെ അതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല അതാണ് വിരാഗം എന്ന് പറയുന്നത് രാഗമില്ലാതെ അത് രാഗമില്ലാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യുന്നു അത്തരം ചിന്തകളിലേക്കും പ്രവൃത്തി ലഭിക്കൊന്നും പോകുന്നില്ല അപ്പൊ മനസ്സ് രാഗം കൊണ്ട് കലുഷിതമാവുന്നില്ല അപ്പൊ എന്ത് ചെയ്യുന്നു മനസ്സിനൈന്ദ്രിയങ്ങൾക്കെല്ലാം അടക്കം പറ്റുന്നു അത്തരം പ്രവൃത്തികളൊന്നും ഏർപ്പെടുന്നില്ല ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെ നമ്മളെപ്പോലെയുള്ള ഇന്നത്തെ ആൾക്കാരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കും എന്തുകൊണ്ട് വൈദികന്മാരെ ഉദ്ദേശിച്ചത് പറഞ്ഞിരിക്കും വൈദിക കർമ്മങ്ങൾ വരുന്നിടത്താണ് നിത്യവേദ അനിത്യവേദെന്നുള്ളൊരു പ്രശ്നം വരുന്നത് ആ സ്വർഗാദിഫലം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഫലങ്ങൾ ഇതിലൊക്കെ വിരക്തി ഉണ്ടാകുന്നതും എല്ലാത്തിനെയും അടക്കുന്നതും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം വായിക്കുന്ന കാലം ആദ്യം വായിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ഉള്ളത് ആണ് ഞാനിത് വായിച്ചത് അന്നേ എന്റെ മനസ്സിലുണ്ടായൊരു സംശയമാണ് എന്താണ് ഇത് വായിച്ചപ്പോ ബ്രഹ്മസൂത്രമല്ല വായിച്ചത് ഡാനിന്റെ സ്വാമിക്ക് എഴുതിയ കൊച്ചു വസ്തുവങ്ങളുണ്ടായിരുന്നു ആത്മാനാത്മബേദം ആത്മബോധം തത്വബോധം ഉറക്കം തുടങ്ങിയ അത് വായിച്ചപ്പോ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം എല്ലാവർക്കും തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കുണ്ടായി ഇത് വായിച്ചപ്പോ എന്താണ് നിത്യാനിത്യവസ്തുവാമുത്ര ഫലബോധ വിരാം നിങ്ങൾക്കാര് അങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പറയും ുടെ കാര്യൊന്നും ഒറ്റയില്ലല്ലോ ഈ രണ്ടു കാര്യങ്ങളും പറഞ്ഞപ്പം ഇതെന്തിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന എനിക്ക് വേണ്ടിയാണ് എഴുതിയെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല അത് പറ്റാൻ വേണ്ടിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയേണ്ടി കാശിയിലൊക്കെ പോയി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി തോന്നിയത് എനിക്ക് വേണ്ടി എഴുതിയല്ല ഇവിടെ ഇന്ത്യയിൽ അവിടെ പോയി പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് വേണ്ടി എഴുതിയല്ലോ ആ എനിക്ക് കാശിൽ പോയപ്പോ മനസിലായി എനിക്ക് വേണ്ടി എഴുതി അല്ല അതാണോ ആണ് സംശയം ഇതാണോ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഇഹലോകത്തിലുള്ള കർമ്മഫലങ്ങളിലും പരലോകത്തിലുള്ള കർമ്മഫലങ്ങളിലും താല്പര്യമില്ലാതിരിക്കുന്നു എന്നാണ് ഈ പരലോകത്തിലെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അന്നേ വിശ്വാസമില്ല പിന്നെ അതിലെന്തിനെ താല്പര്യം ഇണ്ടായിരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അത് താല്പര്യമില്ലാതെ പരലോകമെന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടെന്നും അവിടെ പോകണമെന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല പിന്നെ ഇതെന്തിനാ ഇതെഴുതി വച്ചിരിക്കുന്നത് എന്നാണ് എനിക്കൊരു സംശയം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അന്നെനിക്ക് ഉറപ്പായിരുന്നെന്താണ് പരലോകം എന്ന് പറയുന്നൊരു ലോകം ഇല്ല പിന്നെ അതില് ഇല്ലാത്ത ഒന്നില് രാഗമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നും ഇല്ല ഇതെന്തിനാ ഈ എഴുതിയിരിക്കുന്നു പരലോകം ഇല്ലല്ലോ ഈ ലോകമല്ലേ ഉള്ളൂ അന്ന് വായിച്ചപ്പോ എനിക്ക് തോന്നിയൊരു ബലമായ സംശയം എന്തിനു വെച്ചു പരലോഭമുണ്ടെന്നൊക്കെ അന്നത്തെ അന്നത്തെ ജെൻസി ആയിരുന്നു ഞാൻ ജെൻസികളൊക്കെ എങ്ങനെ പരലോഭമുണ്ടെന്ന് വിശ്വസിക്കും അന്നത്തെ ജെൻസി ഇന്നത്തെ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ അതിന് പിന്നെ അതിനെന്തിന രാഗമില്ലാതെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ശരി അത് സമ്മതിക്കാം ഗൃഹലോകത്തിൽ പല കാര്യങ്ങളും ഉണ്ട് അതിനൊക്കെ രാഗമുണ്ട് എനിക്ക് അത് വേണ്ടെന്ന് ചോദിക്കാം പക്ഷെ പരലോകമൊന്നും എന്തിനാ എഴുതി വെച്ച് അതെനിക്ക് പിടികെട്ടിയതേ ഇല്ല പിന്നെയാണ് മനസ്സിലായത് എന്താണ് ഇത് എഴുതിയിരിക്കുന്നത് വൈദികന്മാർക്ക് എഴുതി അവർക്ക് പരലോകത്തിൽ ആഗ്രഹമുണ്ട് അത് വിശ്വസിക്കുന്ന അവർക്ക് വേണ്ടി അതാ ഇന്നത്തെ മനുഷ്യനെ ഉദ്ദേശിച്ചെഴുതി അവരതിനൊന്ന് പിന്മാറ്റണം എന്നിട്ട് ശബന്ധമാതി സാധനസമ്പത്ത് മുമ്പുഷത്വം മുഭുക്ഷത്വം ഒന്ന് കേട്ടപ്പോൾ നല്ലൊരാശയമായി തോന്നി കൊള്ളാമല്ലോ മോക്ഷം കിട്ടിയാ നല്ലതായിരിക്കും അദ്വൈതത്തിൽ പറയുന്ന മോഷം മറ്റേ സ്വർഗത്തിൽ പോകുന്ന മോഷമല്ലേ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ ഒരു താല്പര്യം തോന്നി അത് കൊള്ളാമല്ലോന്ന് തോന്നി പക്ഷെ मनस अमानदि साधन सप्त प्रसंख्य अभ्यास लैराग्यपरी भग ജീയതീ സോയം അസ വൈരാഗ്യഹേതുകോ മനോവിജയ ശമ എന്താണെന്ന് പറയണം അത് പറയുന്നു വൈരാഗ്യഹേതുവോ മനോവിജയഹ വൈരാഗ്യത്തിന് ഹേതുവായിരിക്കുന്ന മനസിന്റെ ജയം അതാണ് അപ്പോ ആദ്യം വൈരാഗ്യത്തെ കുറിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ശമത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ വൈരാഗ്യം ഉണ്ടായതിനു ശേഷം ശമം ഒന്നുകൊണ്ടല്ലോ കൂടെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈരാഗ്യത്തിന് കാരണം വൈരാഗ്യം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് പറയാം വൈരാഗ്യത്തിന് കാരണം ശമവും പറയാം കാരണം ഇതെല്ലാം പരസ്പരം അപേക്ഷിച്ചിരിക്കുന്ന ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു അപ്പം വൈരാഗ്യം ഹേതുവായിട്ടുള്ള മനോവിജയം എന്നാണ് കൂടെ പറഞ്ഞിരിക്കുന്നത് വൈരാഗ്യം കൊണ്ടുവരുന്ന മനസ്സിന്റെ മനോജയം അതാണ് ശമം അപ്പൊ മനോജയമാണ് ശമിച്ചെടുക്കാൻ ഇന്ദ്രിയ ജയം ദമവും മനോജയം ശമവും അപ്പോ പരലോകത്തിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പരലോകത്തിലുള്ള സുഖഭോഗങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകത്തില്ല അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ മനോജയം നേടി കഴിയും അതിൽ താല്പര്യമില്ല വിശ്വാസമില്ല താല്പര്യമില്ല പക്ഷെ ഇഹലോകത്തിലുള്ള കാര്യങ്ങളിലങ്ങനെയല്ലോ ഇവിടെ പല ആഗ്രഹങ്ങളും ഉണ്ടല്ലോ അതില് മനോജയം നേടുക എന്ന് പറയുന്നത് ആണ് ഇവിടെ പറയുന്നത് യോഗ്യതയായിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അഭ്യാസ ലബ്ധ പ്രസംഖ്യാനാഭ്യാസം കൊണ്ട് പാവം പറയുന്നതിനനുസരിച്ച് ആത്മാനാത്മവിവേകം അതിനാവർത്തിക്കുക അതാണ് പ്രസംഖ്യാനം ആത്മാവ് നിത്യമാണ് പ്രപഞ്ചാരിത്യമാണ് ശരീരം ഉൾപ്പെടെയുള്ള ഈ അറിവിനെ ആവർത്തിക്കുക എന്നാണ് അഭ്യാസം ഇതിനെ ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക ആവർത്തിക്കുക അഭ്യാസം എന്ന് വെച്ചാൽ മലയാളത്തിലെ അഭ്യാസം ഇല്ല ആവർത്തനം അതുകൊണ്ട് ലബ്ധമായ അതുകൊണ്ട് നേടുന്ന വൈരാഗ്യം രാഗമില്ലായ്മ ഇച്ഛയില്ലാതെ ഇല്ല രത്തിലുള്ള ഫലങ്ങളും ഇച്ഛയില്ലാതിരിക്കുക ആ വൈരാഗ്യ പരിപാകം അതിന്റെ പക്വമായ ഒരവസ്ഥ പരിപാകമായ അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് ചിലപ്പോ രാഗമില്ലാതെ വരും ഇച്ഛയില്ലാതെ വരും പിന്നെ ചിലപ്പോൾ ഇച്ഛ ഉണ്ടാകും ഇങ്ങനെ മാറി മറിഞ്ഞായിരിക്കും മനസ്സ് അതല്ല അതിന്റെ പരിഭാഗം എന്ന് പറയുമ്പോൾ തീരെ ഇല്ലാതാകും മാറിമാറിയിരിക്കുന്ന അവസ്ഥ ആ പരിഭാഗം കൊണ്ട് ഭഗനമായ നശിച്ചു പോകുന്ന ഭജോ ആവർദന എന്ന് പറയുന്ന ദാതുമാണ് ഓടിക്കുക തകർക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇല്ലാതാക്കിയ അർത്ഥം പറയാം രാഗാദികം അതുകൊണ്ടില്ലാതായ രാഗാദി കഷായം രാ രാഗാദി ദോഷം ദോഷമാകുന്ന മതിരമദ്യം അതുകൊണ്ട് മതം മത്ത് പിടിച്ചതായ മന മനസ്സിനെ വിശേഷിപ്പിക്കുകയാണ് വൈരാഗ്യം കൊണ്ട് മനസ്സും പാകപ്പെട്ട് അതുകൊണ്ട് രാഗാദിദോഷങ്ങളെല്ലാം നശിച്ച് രാഗാദിദോഷങ്ങൾ നശിക്കുക എന്ന് വെച്ചാൽ രാഗാദിദോഷം കൊണ്ട് രാഗാദിദോഷമാകുന്ന മദ്യം അതുകൊണ്ട് മത്തുപിടിച്ച് ആ മനസ്സ് അത് ശാന്തമാകും എന്തുകൊണ്ട് ഈ വൈരാഗ്യം കൊണ്ട് പരിവാകമാകുമ്പോ ഭഗ്നരാഗാദി കഷായം രാഗാതി ദോഷങ്ങളെല്ലാം നശിക്കുന്നു ആ ദോഷങ്ങൾ കൊണ്ടാണ് ആ ദോഷങ്ങൾ മദ്യം പോലെയാണ് അതുകൊണ്ടാണ് മനസ്സ് മത്തുപിടിക്കുന്നത് ഇപ്പം ഭഗ്നമാകുന്ന എന്താണ് രാഗാവതി കഷായം ആ കഷായം എന്താ ചെയ്യുന്നത് മനസ്സിനെ മത്തുപിടിപ്പിക്കുന്നു ോടും ചേർക്കണം വൈരാഗ്യത്തിന്റെ പക്വത കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ത് സംഭവിക്കുന്നു കഷായം നശിക്കുന്നു മനസ്സിന്റെ ദോഷങ്ങൾ നശിക്കുന്നു ആ ദോഷങ്ങൾ എന്ത് ചെയ്യുന്നു മനസ്സിനെ മത്തുപിടിപ്പിക്കുന്നു അങ്ങനെയുള്ള മനഃ പുരുഷേനപജീയതെ വശീക്രിയതേ ആ മനസ്സിനെ പുരുഷൻ വശത്ത സ്വാധീനമാക്കും മനസ്സിനും പുരുഷൻ സ്വാധീനമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ മനസ്സ് രാഗാതി ദോഷങ്ങൾ കൊണ്ട് മത്ത് പിടിക്കാതെയാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഈ ഭോഗങ്ങളിൽ മനസ്സിന് ആസക്തിയില്ലാതും അതാണ് ഒരു യോഗ്യത അപ്പൊ ഭോഗങ്ങളിൽ ആസക്തി ഇല്ലാത്തതു കൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ള ഫലങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകുന്നു പറഞ്ഞ എന്താ വൈരാഗ്യം ഉണ്ടാകുന്നു പറയുന്നതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ പറഞ്ഞതേയുള്ളൂ പറയുന്നു ആസക്തില്ലാതെ ആസക്തില്ലാതെ ആകുന്നു ദുഃഖമായ അവസ്ഥ വൈരാഗ്യം ഉണ്ടാവുന്നു ഇപ്പൊ ഞാൻ അർത്ഥം പറഞ്ഞു ആസക്തിമാക്കുന്നു ആ വിരാഗംന്ന് പറഞ്ഞാ എന്താണ് രാഗമില്ലായ്മ ആഗ്രഹമില്ലായും അതാണ് വൈരാഗ്യം മലയാളത്തിലെ വൈരാഗ്യം എന്ന് വെച്ചാൽ ഒരാളോട് ദേഷ്യം തോന്നുന്നതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ദേഷ്യം തോന്നുന്ന എൻ്റെ അവിടെ ആഗ്രഹമില്ലാതിരിക്കുന്നതാണ് വൈരാഗ്യം കൃത്യമായ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും അങ്ങനെ മലയാളത്തിലിറങ്ങി പുറത്ത് നിങ്ങൾ മതപ്രഭാഷണം നടത്താൻ പാടില്ല വൈരാഗ്യം വേണം എന്ന് പറയാൻ പാടില്ലെന്നു വെച്ചാൽ വിചാരിക്കും മറ്റുള്ളവരോട് ദേഷ്യം വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് വൈരാഗ്യം എന്ന് വെച്ചാ ആഗ്രഹം ഇണ്ടായിരിക്കും ആഗ്രഹമില്ല കർമ്മങ്ങൾ അതിന്റെ ഫലത്തിൽ ആഗ്രഹമില്ലായിരിക്കും ഇന്ന് പുറത്തിറങ്ങി പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറയാൻ പറ്റില്ല ഉം എന്തുകൊണ്ട് പറ്റത്തില്ല ഇപ്പോയി മതപ്രഭാഷണം നടത്തുന്നതന്നെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ദക്ഷിണ കിട്ടും ഇങ്ങനെയുള്ള ആഗ്രഹം കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് മതപ്രഭാഷണം നടത്തുന്നത് പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഫലത്തെയൊന്നും ആഗ്രഹിക്കരുതെന്ന് മതപ്രഭാഷണം നടത്തുമ്പോ എന്തെങ്കിലും കൈ വെച്ചു കൊടുത്താൽ പൊതിഅ വാങ്ങിക്കും അപ്പൊ ആഗ്രഹം ഇല്ലാത്തോണ്ടാണ് അപ്പൊ കിട്ടിയാ വാങ്ങിക്കും അപ്പൊ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ പിന്നെ ശരിക്കും എല്ലാവരും ആഗ്രഹമുണ്ട് ഫലം വേണമെന്ന് ആഗ്രഹമുണ്ട് ദക്ഷിണ വേണമെന്ന് ആഗ്രഹമുണ്ട് ഫലം എന്ന് പറയുന്നത് ദക്ഷിണ മാത്രമല്ല പേര് പ്രശസ്തി മാന്യത പൂജ ഇതൊക്കെ ഫലമാണ് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ വേഷം കിട്ടി ഇങ്ങനെ നടക്കുന്നത് പിന്നെ ഈതൊക്കെ ഇന്നെങ്ങനെയാ പറയുന്നത് ഇതൊക്കെ എങ്ങനെയാ പറയുന്നു അപ്പൊ ഇത് ഒരു പഴയകാലത്ത് ഇതൊരു ചിന്തയായി ഇതെങ്ങനെ പറയാൻ പറ്റും ആഗ്രഹം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞ ശരിയാണ് മനുഷ്യന് വ്യതിരേഖ വൈരാഗ്യം ഉണ്ടാവും വ്യതിരേഖ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതില് വൈരാഗ്യം അതിന് ആഗ്രഹമില്ല എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ ആഗ്രഹം ഇല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആഗ്രഹം ഉണ്ടാവും ചിലർക്ക് പണത്തിനോട് ആഗ്രഹം കാണുന്നില്ലെങ്കിൽ പ്രശസ്തിക്ക് ആഗ്രഹം കാണാം ചിലർക്ക് പണവും വേണ്ട പ്രശസ്തിയും വേണ്ട ആരെങ്കിലും കാലിപ്പിടിച്ചാ മതി പൂജ അതിനാഗ്രഹം ഞങ്ങള് കാശി താമസിക്കുമ്പോ അതവിടെ ഒരു സ്വാമി ഉണ്ടായത് അപ്പൊ അവിടെ എല്ലാ ദിവസവും പുറത്തുനിന്ന് പറിച്ചി കിട്ടും പറിച്ചറിയാം അതിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഇൻവിറ്റേഷൻ കാർഡാണ് ഓരോ ആശ്രമങ്ങളിലും ഭക്ഷണം വെച്ചിട്ട് വിളിക്കും അപ്പോ അതില് ഞാൻ പോകത്തില്ല പോകാത്തതിന് കാരണമൊന്നുവെച്ചഴിഞ്ഞാ അന്ന് പോയാൽ ഒരു ദിവസം മുമ്പ് പോകാം നമുക്ക് ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല അതൊരു വലിയ തടസ്സമാണ് ക്ലാസ് മുടങ്ങി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും പഠിപ്പിക്കില്ല പഴ പോയത് പോയത് തന്നെ ഒരു ദിവസം മുടങ്ങാൻ പറ്റില്ല അപ്പവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു സ്വാമി പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ഏൽപ്പിക്കും പോണയി അവിടെ പോണേന്നു നേരത്തെ പറയും അവിടുത്തെ ദക്ഷിണ പത്താണ് ഇവിടത്തെ രണ്ട് രൂപയാണെന്ന് സാറിന് ദക്ഷിണ രണ്ട് രൂപ ചിലടത്തെ അഞ്ച് പേര് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ലോട്ടറി ആണ് അതുകൊണ്ട് പോയേ തീരൂ പാച്ചമൂറ്റി അഞ്ചു പേരുണ്ട് അഞ്ചു പേരാകുമ്പോൾ അമ്പത് രൂപ ഇതിൽ തുകയാണ് വരുന്നത് വേണ്ട വേണ്ട കൊടുക്കുകയൊന്നും വേണ്ട നമ്മുടെ ചെലവിന്റെ എന്നിട്ട് പുള്ളിയുടെ ഒരു ഉപദേശം കൂടെ എന്താണ് നമുക്ക് ഇതൊക്കെ ഉള്ളു ആ വാക്കിന്റെ ഒരു നിരാശയുണ്ട് വേറെ എന്തോക്കെ നഷ്ടപ്പെട്ടു പോയി ആകെ ഇതേ ഉള്ളു തീർച്ചയായി അഞ്ചിലൂ ദിനോ ഇതൊക്കെ ഉള്ളു പറഞ്ഞു ചേട്ടാ ഭക്ഷണമെങ്കിലും ചേട്ടനെ പറഞ്ഞതുപോലെ അപ്പൊ സമയം ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് ശരിയാണ് പക്ഷെ ഇതിനോടൊരു താല്പര്യം അപ്പോ വൈരാഗ്യം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ മനുഷ്യന് ഒന്നിനോട് വൈരാഗ്യം ഉണ്ടായ വേറെന്നിനോട് താല്പര്യം ഉണ്ടാവും മനുഷ്യന്റെ പ്രകൃതി അതാണോ അതിന്റെ സ്വഭാവം അതാണോ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു ചിലതിനോട് താല്പര്യം ഉണ്ടാവും ഇവിടെ പറയുന്നതല്ല ഒന്നിനോടും താല്പര്യം ഇല്ലാതിരിക്കുക അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല സമൂഹത്തിനോട് മനസിലായി ഇന്നാൾക്കാർ പറയുന്നത് ഇന്നത്തെ തണമുറകൾക്ക് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണമെന്നാണ് എന്താണ് ജീവിതത്തിൽ പലതും നേടിയെടുക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം ആയുന്ന സമൂഹത്തിന് പോയിട്ട് നമ്മൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്നൊക്കെ പറഞ്ഞു അത് പറയുന്നു ബുദ്ധിയുള്ളവനാണെങ്കി മനസിലാക്കി പറയുന്ന ആളിനും ഇതല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇന്നെങ്ങനെ പറയുന്നു പക്ഷെ അതിങ്ങനെ എന്താണ് പറഞ്ഞാ അത് കേക്കാനെ റിട്ടയർ ചെയ്ത് പത്ത് വർഷം വീട്ടിലിരുന്ന് ബോർ അടിച്ച് വരുന്ന ആൾക്കാരൊക്കെ കാണത്തുള്ളൂ ഉടനെ വരുന്നവരും കാണത്തില്ല പത്ത് വർഷം അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും പിന്നെ അതിനും പറ്റാതാവുമ്പോഴത്തേക്ക് സ്പിരിച്വൽ ആത്മീയതയിലേക്ക് തിരിഞ്ഞ് ഇവിടെ വരുന്നവരടുത്ത് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ആൾക്കാർ കിട്ടിയ ഇത് മനസ്സിലാക്കിയ ആൾക്കാർ കേൾക്കാൻ കാണത്തില്ല മനസ്സിലാകത്തവരാണെങ്കിൽ വായും പൊളിച്ചിരിക്കും അല്ലാർക്ക് ഇത്ര കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും രാഗമില്ലരുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ മുഴുകുകയാണെങ്കിൽ അതിനോട് രാഗമുണ്ടായിട്ടാ മുഴുകുന്നെന്താ സംശയം എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൊരു പ്രശ്നമുണ്ട് ഹാമത്തിന്റെ ഫലഭോഗ വിരാഗം അപ്പൊ ഇതിന്റെ ഒരു വഴി പണ്ടുള്ള ആൾക്കാർ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് മനസിലായോ എന്താണ് ആ കുറുക്ക് വഴി എന്ന് പറയുന്നത് ഇതൊരു പണ്ടും പ്രശ്നമായിരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ രാഗമട കിടക്കെയാണ് ഈശ്വരാർപ്പണ ബുദ്ധിയൊക്കെ ആയിക്കോട്ടെ ഈ രാഗമെന്ന് പറയുന്ന കാര്യം അതവിടെ ഉണ്ടല്ലോ അതിനുവേണ്ടിട്ടാണ് ഗീതയിലും മറ്റും പറയുന്ന അനാസക്തി മനസിലായോ എന്നുവെച്ചാ അങ്ങോട്ട് തീരെ അങ്ങോട്ട് കടുപ്പിക്കാൻ പാടില്ല ആസക്തി പാടില്ല ആഗ്രഹങ്ങളാകാം പക്ഷെ ആസക്തി പാടില്ല ഇതിനെ ഈ പറയുന്ന ഹാമുത്ര ബലഭോഗ വിരാഗത്തെ ഡൈലൂട്ട് ചെയ്തതാണ് അനാസക്തി എന്ന് പറയുന്ന ആശ്വാസ ഗീത ഗീതയില് ഗാന്ധിജിയാണ് ഗീതയിലും മറ്റും പറയുന്ന അനാസക്തി സമാതര ആസക്തില്ലാതെ ആസക്തി ഇല്ലാതിരിക്കുന്ന ആസക്തനായി കർമ്മം ചെയ്യുക ഗീതേനു നിരന്തരം പറയുന്നില്ലാതിരിക്കുക അത് ഉപനിഷത്തിലോണ്ട് അപ്പോ ഇതിന് ബദലായി കൊണ്ടുവന്ന് ഇതിനെ ഡൈലൂട്ട് ചെയ്യാൻ വന്ന ഒരാശയമാണ് അനാസക്തി എന്ന് പറയുന്നത് ഗീതയില് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കാരണം ഈ പറയുന്ന രീതിയിൽ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയുള്ളു സന്യാസ് രീതിയിൽ ഒറ്റ വഴിയല്ല അവിടെ എന്തു കർമ്മം ചെയ്യാം കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രഹസ്ഥനായിരുന്നു കൊണ്ട് കർമ്മം അനാസക്തനായാണ് ആസക്തി ഇല്ലാതിരുന്നാണ് അപ്പൊ അവിടെ സന്യാസത്തിന്റെ നിർബന്ധമില്ല വേണ്ടി വന്ന സന്യാസമാകാം പക്ഷെ നിർബന്ധമില്ല ഇവിടെ അങ്ങനെ ഇണ്ട് ഇവിടെ ബ്രഹ്മസൂത്ര ശങ്കരായ പറയുമ്പോ ീ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് സന്യാസം കൂടിയേ തീരൂ കാരണം ഇഹാമുത്ര ഫലഭോധ വിരാഗമാണ് ആ വിരാഗം ഇങ്ങനെ പറയുന്നോണ്ടാണ് സന്യാസം വരുന്നത് ഗീതയ്ക്ക് പ്രചാരം കിട്ടാൻ കാരണം എന്താണ് ഇത്തരത്തിലുള്ള ഒരു സന്യാസത്തെ അവിടെ പറയാത്തോണ്ടാണ് അവിടെ എന്താ നിങ്ങൾ നിരന്തരം പറഞ്ഞ അസത്തനായിട്ട് നിന്റെ പ്രവൃത്തി ചെയ്താ മതി അപ്പൊ അവിടെ എന്റെ കർത്തവ്യ കർമ്മങ്ങളെല്ലാം നീ ചെയ്യൂ അസത്തനായി അപ്പൊ കർമ്മം ചെയ്യാവുന്നായി എന്നാൽ ീ പറയുന്ന പോലെ എന്താണ് എല്ലാം ഉപേക്ഷിക്കേണ്ട കാര്യം ഇല്ല അപ്പൊ ഈ കർക്കശമായ നിലപാടിൽ നിന്ന് മാറ്റം വരുന്നതാണ് ഗീതയിലെ ഉപദേശം അതുകൊണ്ട് ഗീത എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കാം നമ്മുടെ ചില സന്ദർഭങ്ങളിലെല്ലാം ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നതാണ് സർവകർമ്മഫലത്യാഗം പ്രഹുത്യാഗം മനീഷ്ണ കർമ്മഫലത്തെയാണ് ത്യജിക്കേണ്ടത് അല്ല കർമ്മത്തെ അല്ല അപ്പോ പരിത്യാഗമെന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിന്റെ ത്യാഗമാണ് കർമ്മത്തെ ത്യജിക്കുന്ന ഫലത്തിന്റെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ് ഫലത്തോട് ആസക്തിയില്ലാതിരിക്കുന്നതാണ് ഫല ആസക്തി ഒഴിവാക്കണം എന്ന് പറയുമ്പം കർമ്മം ചെയ്യാം കാലത്തിനുള്ള ആസക്തി ഉപേക്ഷിച്ച അത് ഈ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റമാണ് അപ്പൊ ഗീതയെ വേറെ മനസ്സിലാക്കണം ഈ നിലപാടിനെ വേറെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിന്റെ ഈ വ്യാഖ്യാനത്തെ ഭിക്ഷുസൂത്രങ്ങൾ എന്ന് പറയും അത് ഭിക്ഷുക്കൾ അധ്യയനം ചെയ്യുന്നതാണ് സന്യാസിമാർ എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആ അനാസക്തനായി കർമ്മം ചെയ്യുകയല്ല കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് അതാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതിങ്ങനെ ഒരുപാട് വിചാരം ചെയ്യുന്നുണ്ട് വിചാരം ചെയ്യുന്നോണ്ട് പറയും പിന്നെ വേദവാക്യങ്ങളെ വിചാരങ്ങളുണ്ടെ അതുകൊണ്ടും പറയും ഇതിന് മുഴുവൻ വേദവാക്യങ്ങളെടുത്ത് വെച്ച് തന്നെ ചർച്ച ചെയ്തു വേദവാക്യങ്ങളിലൂടെ ഇത് വേദത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് സമർത്ഥിക്കുകയാണ് വക്യവിചാരമാണ് കൂടെ ചെയ്യുന്നത് പദവിചാരംന്ന് പറഞ്ഞാ എന്താണ് അത് വ്യാകരണം അതാണ് പദവിചാരം വ്യാകരണം പദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പദങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് സംസ്കൃത വ്യാകരണത്തിന് പ്രത്യേകത ഏതാണ് കേട്ടിട്ടുണ്ടാക്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പദങ്ങളെ കുറിച്ച് എന്താ ടെൻസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു വോയിസിനെ കുറിച്ച് അർച്ച എല്ലാം എന്താണ് വാക്യങ്ങളെ കുറിച്ചു പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ആക്റ്റീവ് പാസ്റ്റീവ് ഇങ്ങനെ ഇവിടെ വ്യാകരണം എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് പദങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് വ്യാകരണ പദശാസ്ത്രം വാക്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അതിനകത്ത് ഇതൊക്കെ വരും വേദവാക്യം അതിന്റെയൊക്കെ ചർച്ചകൾ അപ്പൊ ഇവിടെ ആ വ്യത്യാസം മനസ്സിലാക്കണം ഇവിടെ സന്യാസത്തിന് വേണ്ടിട്ടാണ് ഈ പറഞ്ഞു വരുന്നത് എല്ലാം ഇപ്പൊ പുരുഷേനവജീയതേ പുരുഷൻ അങ്ങനെയുള്ള മനസ്സിനെ വശീക്രിയതേ ജയിക്കുന്നു സ്വയം മനോവിജയ ഈ പറഞ്ഞതായ സ്വയംവായിട്ടുള്ള വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന വിജയം എന്നിട്ട് മനസ്സിന് രാഗമില്ലാത്തതുകൊണ്ട് വരുന്ന മനോവിജയം െന്നും വശീകാര സ്വപ്ന വശീകാരമെന്നും ആഖ്യാതെ അപ്പൊ മനസ്സിന്റെ ജയമാണ് മനസ്സിനെ സ്വാധീനമാക്കുന്നതാണ് മനസ്സിനെ തനിക്ക് അധീനമാക്കുന്നതാണ് മനസ്സിന്റെ രാഗം എന്ന് പറയുന്ന ദോഷങ്ങളെയെല്ലാം കളഞ്ഞ് മനസ്സിനെ തനിക്ക് അധീനമാക്കി വയ്ക്കുന്നതാണ് ശമ സ്വയം അസ്യഹേതു അസ്യാന്നുള്ള പിന്നെ ഫലമെന്നുള്ള അടക്കം പറയുന്നു ഫലത്തിലുള്ള വൈരാഗ്യം ഭേതുമായിട്ടുള്ള അല്ലെങ്കിൽ അസ്യ എന്ന് പറയുന്ന അധികാരി എന്ന് പറയുന്നത് അധികാരിക്ക് ഈ ഉണ്ടാകുന്ന വൈരാഗ്യ കാരണമായി ഉണ്ടാകുന്ന മനോജയം മനസ്സിന്റെ ജയം എന്ന് പറയുന്നതാണ് മനസ്സിന് സ്വാധീനത്തിലാകുക അതാണ് സ്വാധീനത്തിലാക്കാന്ന് വെച്ചാൽ മനസ്സിൽ പിന്നീട് വിഹ അമിത്ര ഫലഭോഗങ്ങളിലൊന്നും താല്പര്യമുണ്ടാകാൻ പാടില്ല ഇന്ന് ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഈ തരത്തിലുള്ള മനോജയത്തെന്നും ആരും അംഗീകരിക്കില്ല മനോജയം നല്ലതാണെന്ന് പറയും മനോജയം എന്ന് വെച്ചാൽ എന്താണ് മനസ്സിനെ റെഗുലറൈസ് ചെയ്യുക അത്രയുള്ളൂ നിയന്ത്രണം എന്നുള്ള വാക്കുക ഉപയോഗിക്കുന്നത് ഇതെ വിദ്യാഭ്യാസം അദ്വൈതികൾ പറയുന്നത് എന്താണ് എല്ലാം മിഥ്യെന്നറിയുന്നതാണ് അപരസ്കാരം അങ്ങനെ മിഥ്യെന്നറിയണമെങ്കിൽ എന്ത് വേണം മനസ്സിന് വൈരാഗ്യം വേണ്ട മിഥ്യെന്നറിഞ്ഞിട്ട് വൈരാഗ്യം മതിയോ അപ്പൊ മിഥ്യെന്നറിയാൻ വൈരാഗ്യം വേണ്ടി മിഥ്യവിടെ പറയുന്ന എന്താണ് മിഥ്യാനിത്യ വിവേകം കൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നു വൈരാഗ്യം കൊണ്ട് മനസ്സിന് ശമം ഉണ്ടാകുന്നു അപ്പോ മനസ്സിന്റെ ആ ശമത്തിന് കാരണം വൈരാഗ്യമാണ് അങ്ങനെയാ പറയുന്നു പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിഞ്ഞെന്ന് വിചാരിച്ച് ീ പറയുന്ന ക്വാളിറ്റി ഒന്നും മനസ്സിനുണ്ടാകില്ല കാരണം ഒന്നും വരത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മിഥ്യ എന്നറിഞ്ഞു മിഥ്യെന്നറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു എന്താ എന്താ വിശേഷ മിഥ്യയാണ് പറഞ്ഞു മിഥ്യെന്നറിഞ്ഞാ മനുഷ്യൻ എന്താ മാറ്റം വരുന്നു അപ്പൊ അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടാവും ആ വസ്തുവിലേക്ക് പോവില്ല നിത്യാണ് ഇല്ലാത്തത് അതിനൊരു എന്താ പറയുന്നേ ക്വാളിറ്റി അത് മിഥ്യാണെന്ന് പറഞ്ഞാൽ പിന്നെ സത്യവസ്തുവിനെ നിത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിഥ്യയാണെന്ന് അറിഞ്ഞു ശരീരക്ക അസത്യമാണെന്നറിഞ്ഞു അപ്പൊ മിഥ്യയാണെന്നറിയുന്നത് മനസ്സാണ് രാഗം ഇച്ഛ ഉണ്ടാകുന്ന മനസ്സിനാണ് വരാണ്ട് തമ്മിൽ എന്താ ബന്ധം ഇച്ഛ ഉണ്ടാകും മിഥ്യായതിന് ഇച്ഛ ഉണ്ടാകുന്ന എന്താ കൊഴപ്പം ണം പറഞ്ഞരാ നല്ല ഉദാഹരണം അല്ലേ ഇപ്പൊ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു സിനിമ കാണുമ്പോ മോഹൻലാലാണ് അഭിനയിക്കുന്നത് കഥാപാത്രങ്ങളൊക്കെ വരുന്നു പോകുന്നു ഇതൊക്കെ സത്യമാണെന്നാരെങ്കിലും കരുതുന്നുണ്ടോ ഇത് വെറും പടമാണല്ലോ പടമെന്നാണ് എന്റെ പേര് തന്നെ പക്ഷെ ആ കാണുന്ന അനുസരിച്ച് മനുഷ്യനെന്തു വരുന്നു ആ മനുഷ്യനെ അതിനോട് രാഗമുണ്ടാവുന്നു ദേഷ്യമുണ്ടാകുന്നു എന്താ എല്ലാം സംഭവിക്കുന്നു അപ്പൊ മിഥിയാണെന്നറിഞ്ഞോണ്ട് മിഥിയാണെന്നറിഞ്ഞോണ്ട് ഒരാൾക്ക് രാഗമുണ്ടാകാതിരിക്കൂ ഇത് മിഥിയാണെന്നറിയാൻ മനുഷ്യന് ഇതിലൊരു കഥ ഇത് വരും വെളിച്ചമാണ് ഇത് ഷൂട്ട് ചെയ്തതാണ് ശരിക്കും അങ്ങനെയൊന്നുമില്ല അപ്പൊ അത് മിഥിയാണെന്നറിഞ്ഞാലും മനുഷ്യന് അതിനേക്ക് രാഗമൊക്കെ ഉണ്ടാവും ഇനി മനസ്സിൽ രാഗമില്ലെങ്കിൽ മിഥിയാണെന്നറിഞ്ഞാ അതിനോട് രാഗം ഉണ്ടാവത്തില്ല രാഗമില്ലെങ്കിൽ ഇനി സത്യം സത്യമാണെന്നറിഞ്ഞാലും സത്യമാണെന്നറിഞ്ഞാലും മനസ്സിൽ രാഗമില്ലെങ്കിൽ താല്പര്യം ഉണ്ടാവത്തില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം നമ്മളിപ്പോ കൊണ്ടുവച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം നമുക്കറിയാൻ നല്ല ടേസ്റ്റുള്ളാണ് എന്നൊക്കെ അറിയാം പക്ഷെ പനി വന്നിട്ട് വാ മുഴുവ കയ്പ്പ് വിശപ്പുമില്ല രാഗമുണ്ടാകുമോ കഴിക്കാൻ ഇല്ല അപ്പൊ ഇത് സത്യമാണ് സത്യമായിട്ടും മധുരമുള്ള അറിയാം സത്യമായിട്ടും മധുരമുള്ളൊക്കെ അറിയാം അറിഞ്ഞാലും മനസ്സിന് രാഗമില്ല താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ ഏരാഗ്യ വൈരാഗ്യം അതാപര്യം ഇല്ലാതെ വരാം സത്യത്തിനും വൈരാഗ്യം വരാം മനസ്സിലാതില്ല അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്ന് അസത്യമാണെന്നറിഞ്ഞിട്ടും അതിനോട് രാഗം ഉണ്ടാവും സത്യമെന്നറിഞ്ഞിട്ടും അതിനോട് വിരക്തി ഉണ്ടാവും വിരാഗ്യം ഉണ്ടാകും അപ്പോ ഈ വിരക്തി യും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒക്കെ എന്താണ് അതിന് കാരണമായിരിക്കുന്നത് ഇച്ഛേണ്ട രാഗമെന്ന് പറയുന്നു ഇച്ഛ രാഗവും ഒന്ന് തന്നെ എനിക്ക് മിഥ്യയാണെന്നറിഞ്ഞിട്ടും അതിനോട് രാഗം ഉണ്ടാവുന്നു ഇച്ഛ സത്യമാണെന്നറിഞ്ഞിട്ടും എനിക്ക് ഇതിനോട് രാഗം ഉണ്ടാകുന്നുണ്ട് അപ്പൊ രാഗം ഉണ്ടാവുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് അതിന് കാരണം എന്താണ് അല്ല നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ബ്രെയിൻ ആണ് അതിന് കാരണം നമ്മടെ ബ്രെയിൻ വെച്ചാൽ അതിന്റെ ഫങ്ഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പനി വന്നു എന്താണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ചെല്ലാൻ പാടില്ല ചെന്നുകഴിഞ്ഞാൽ ശരീരം തകരാറുള്ള ഇത് തീരുമാനിച്ചു വച്ചിരിക്കുന്നാൽ നമ്മുടെ ബ്രെയിൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവന്റെ ഉള്ളിലേക്ക് ഇനി കേറ്റിക്കഴിഞ്ഞാൽ ഇവന് അജീർണമുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു ഒരു അതിൻ്റെ ഒരു മെക്കാനിസമാണ് നമ്മുടെ ഉള്ളിൽ കപ്പി രസം ഉണ്ടാക്കുക ഭക്ഷണത്തോട് ഒരു അപേക്ഷനുണ്ടാക്കിയെടുക്കുക ഇതൊക്കെ ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ബ്രെയിൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിരക്തി ഉണ്ടാവും മനസ്സിലായ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെ ഏത് വിഷയങ്ങളായാലും ശരി മനുഷ്യന്റെ ബ്രെയിൻ അവന് സ്വാധീന രാഗമില്ലായ്മ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരാൾക്ക് വിരക്തി ഉണ്ടാവത്തു നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഇതൊക്കെ ഒരു പരിവരെ സഹായിക്കും പക്ഷെ പ്രധാനമായ റോൾ ആർക്കാണോ ബ്രെയിനാണ് അപ്പോ ബ്രെയിൻ എന്തു ചെയ്യുന്നു ഞങ്ങള് ഈ ചിത്രം ഇങ്ങനെ കാണുമ്പോ എന്തു ചെയ്യുന്നു അതിനെയൊക്കെ രീതിയിൽ റീഡ് ചെയ്തിട്ട് അതിന് ശരിയായിട്ട് എന്താണോ നടക്കുന്നത് അതിനെയൊക്കെ ശരിയായ രീതിയിൽ ആ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ബ്രെയിൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിന്റേതായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ബ്രെയിനില് നിങ്ങക്ക് രാഗമുണ്ടാവും അത് നടന്നില്ലെങ്കിൽ നിങ്ങക്ക് രാഗമുണ്ടാകത്തില്ല അങ്ങനെ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നു പിന്നെ ഓരോ വ്യക്തിയുടെയും ബ്രെയിന് വ്യത്യസ്തമായ രീതിയിലാ പ്രവർത്തിക്കുന്നു മനസിലാ എന്താണ് ബ്രെയിനിൽ കൂടുതലായും ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന കെമിക്കൽ കൂടുതലായും പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രാഗമായിരിക്കും ഭയങ്കരമായ ബോണ്ടേജ് ഉണ്ടാക്കും ആൾക്കാരുമായിട്ട് അത് നല്ല അർത്ഥത്തിനും മോശാർത്ഥത്തിനും വരാം അതൊക്കെ ആ കെമിക്കലുകളുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അത് കൂടുതലായി നിൽക്കുകയാണെങ്കിൽ നിങ്ങള് ബ്രഹ്മസൂത്രം പഠിച്ചെന്ന് പറഞ്ഞ് വൈരോഗ്യമൊന്നും ഉണ്ടാവത്തില്ല എന്നുവെച്ചാൽ നമ്മുടെ ചിന്ത അതിനെ സ്വാധീനിക്കത്തില്ല സ്വാധീനിക്കും ചിന്തയുടെ സ്വാധീനം ഒരു പരിധി ഉള്ളൂ മെയിൻ സംഗതി കിടക്കുന്ന എവിടെ ബ്രെയിനിൽ തന്നെ മനസ്സിലാകും ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ സെക്സ് മനുഷ്യനതിനോട് താല്പര്യം വരും പക്ഷെ അസെക്ച്വൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട് അസെക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ബ്രെയിനില് സെക്സ് ഹാർമോണുകളൊന്നും പ്രവർത്തിക്കില്ല അവർക്ക് പരമവൈരാഗ്യും ഇവിടെ പറയുന്ന വശീകാര വൈരാഗ്യമായി അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടാകത്തില്ല അതിന് കാരണം എന്താ അവടെ ബ്രെയിനാണ് മനസ്സിലായോ അവർ ഒരു ബ്രഹ്മസൂത്രവും പഠിപ്പിക്കണ്ട മാനസികമായി ശാരീരികമായിട്ടല്ല ശാരീരികമായി ചിലർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും മാനസികമായി തന്നെ അവർക്ക് യാതൊരു എന്താണ് ലൈംഗിക ആസക്തി മനസ്സിലുണ്ടാവത്തില്ല എന്നുണ്ടാവും ബ്രെയിനിലതില്ല അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ എന്താ പ്രധാനമായ സംഗതി എവിടെ കിടക്കുന്നു ടെയിനിലാണ് മറിച്ച് എവിടെ അല്ല മനസ്സിലല്ല കിത്താബിലും അല്ലേ